അള്ളാഹു സുബാനഹൂവത്തെ ആല മൂന്നിന്റെ മൂന്നാമനാണ് എന്നു പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളായിരിക്കുന്നു ഏകനായൊരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നവർ വിട്ടുനിൽക്കാതിരുന്നാൽ അവരിലെ സത്യനിഷേധികളെ വേദനാജനകമായ ശിക്ഷ തീർച്ചയായും സ്പർശിക്കും